you do എന്താണ് സുപ്രകാശലക്ഷണം അത്യന്ത അനധികണത്വം വൈദ്യുത് വിസതി അഭാവഅനധികം നമ്മുടെ അതിൽ മുപ്പത്തിയെട്ടാമത്തെ പേജുണ്ടോ ആരുടെങ്കിലും കയ്യിലുണ്ടോ മുപ്പത്തി എട്ടാമത്തെ പേജ് ഉണ്ട് ഭാഗ്യവാൻ പിന്നെ നിങ്ങള് പുസ്തകം നോയിക്കൊണ്ടാ മതി ഏതേന ആത്മനോക്കി സ്വപ്രകാശത്വം വ്യാഖ്യാതം അതായത് ഇവിടെ നമ്മൾ സ്വപ്രകാശ ലക്ഷണമാ പറഞ്ഞത് സ്വപ്രകാശത്തിന്റെ ലക്ഷണം പറയുമ്പോ ലക്ഷ്യം എന്താണോ സ്വപ്രകാശം തന്നെ സ്വപ്രകാശത്തിന്റെ ലക്ഷണം പറയുമ്പോ ലക്ഷ്യവും സ്വപ്രകാശം തന്നെ അപ്പൊ ലക്ഷണം എന്താ സതിരോക്ഷ വ്യവഹാരം സ്വപ്രകാശം എന്താ ചിതാത്മാവിന്റെ ലക്ഷണ സ്വപ്രകാശം എന്താണ് ലക്ഷ്യം ആ എന്താണ് സുപ്രകാശിതാത്മനെ പ്രകാശമായ ചിതാത്മാവാണോ ചിതാത്മാവെന്ന് പറഞ്ഞെന്താത്മാത്മാന്ന് പറഞ്ഞാൽ എന്താണോ ചിത് ആത്മാന്ന് പറഞ്ഞ എന്താണോ എന്താണ് എന്താണ് ചിത്താത്മാ എന്താ സാധനം എന്തുകൊണ്ട് സ്വയം ചിത് ൂപം എന്ന് പറയുന്നത് എന്തിനാണ് ചിദ്ധാത്മാനമാണ് സ്വപ്രകാശ ലക്ഷണം എന്തിനാ പറഞ്ഞത് അപ്പൊ ആത്മാവ് ലക്ഷണമായോ ഇല്ല അതുകൊണ്ടല്ലേ അത് ആന്നല്ലേ ജ്ഞാനവും ആത്മാവും രണ്ടാണ് അദ്വൈതിക്കല്ലേ പിന്നെ ആർക്കാണ് അതായത് ചിത്തെന്ന് പറയുന്ന അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ചിത്ത് ജ്ഞാനമാണ് ജ്ഞാനമാത്മാവുമാണ് അദ്വൈതിക്ക് അവിടെ വ്യത്യാസമില്ല ചിത്തിന്റെ ലക്ഷണമെന്ന് പറയുന്ന ആത്മാവിന്റെ ലക്ഷണം തന്നെ ചിത്ത് സ്വപ്രകാശമാണെങ്കിൽ ആത്മാവ് സ്വപ്രകാശമാണ് അദ്വിദ്യ സംബന്ധിച്ച് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ അതിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് കിഡിലന്മാരുണ്ട് ആരൊക്കെയാണ് പ്രാഭാകരന്മാരും കാർക്കികന്മാരും പ്രാഭാവകരന്മാരും രണ്ടു കൂട്ടരും ചിത്തിനെ അംഗീകരിക്കുന്നുണ്ട് ചിത്തെന്ന് പറഞ്ഞാൽ എന്താ ഞാനും പക്ഷെ അതിനെ ആത്മാവായി അംഗീകരിക്കുന്നുണ്ട് അപ്പോ അവരോട് പറയാണ് ചിത്താത്മാ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാലും അവരിത്രേ അംഗീകരിക്കത്തുള്ളൂ ഞാനും സ്വയം പ്രകാശമാണ് അത്രേ അംഗീകരിക്കത്തുള്ളൂ അത് പ്രാധാകരന് നേരത്തെ സമ്മതമാണ് ഞാനും സ്വയം പ്രകാശമാണോ താർക്കികന്മാരങ്ങനെ അങ്ങ് അംഗീകരിക്കത്തില്ല പിന്നെ വേണ്ടി വന്നാൽ ഒരുവിധമൊക്കെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം പക്ഷേ രണ്ടുപേരും ആത്മാവ് ജ്ഞാനമാണെന്ന് സ്വീകരിക്കത്തില്ല അപ്പോ ഇനി അവരെ കൊണ്ട് ഈ ജ്ഞാനാവ് ആത്മാ ജ്ഞാനം ആത്മാവ് തന്നെയാണെന്ന് അംഗീകരിപ്പിക്കണം ജ്ഞാനത്തിന് പറഞ്ഞ സ്വയംപ്രകാശ ലക്ഷണം ആത്മാവിന്റെ ലക്ഷണമാണോ ആത്മാവ് സ്വയംപ്രകാശമാണെന്ന് അവരെ സമ്മതിപ്പിക്കണം അതടുത്ത പരിപാടി അപ്പം അത് അദ്വൈതികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് അറിവ് ആത്മാവാണ് എന്നുള്ള കാര്യം മറ്റവരെ സംബന്ധിച്ച് അവർ വലിയ കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് അവർക്ക് വേറെ ആത്മാവുണ്ട് എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അറിവല്ല ആത്മാവ് നയായികനുമല്ല ഗുരു അനുയായികൾക്കും അങ്ങനല്ല വിഷയം ഉണ്ടർച്ചു മുപ്പത്തി അതാണ് പറഞ്ഞിരിക്കുന്നത് ഏതേന ആത്മനോവി സ്വപ്രകാശത്വം വ്യാഖ്യാതം ഇത്രയും ചർച്ച ചെയ്ത ജ്ഞാനത്തിന്റെ സ്വപ്രകാശത്വവും വ്യാഖ്യാനിച്ചു കഴിഞ്ഞു വ്യാഖ്യാനിച്ചോ വ്യാഖ്യാനിച്ചോ ഇല്ല ലക്ഷണം മാത്രമേ വ്യാഖ്യാനിച്ചുള്ളൂ പ്രമാണം വ്യാഖ്യാനിച്ചുള്ളൂ പ്രമാണം വ്യാഖ്യാനിച്ചോ ഇല്ല പ്രമാണം എന്ന് പറയുമ്പോ അനുമാന പ്രമാണം അനുമാന പ്രമാണത്തിലൂടെ സ്വപ്രകാശത്വത്തെ സമർത്ഥിക്കണം അതാണ് അടുത്ത ജോലി അനുമാന പ്രമാണത്തിലൂടെ സപ്രകാശത്വത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അനുമാനത്തിന് ചില നിയമങ്ങളുണ്ട് എന്താണ് നിയമങ്ങൾ പക്ഷം സാധ്യം അതെല്ലാം നിർദ്ദേശിക്കുക അതിലെ ഹേത്വാപാസം കൊല്ലം മരുന്നുകൾ നോക്കുക വ്യാപ്തി നിശ്ചയിക്കുക അനുമതി അപ്പോ സിദ്ധാന്തി ഒരു അനുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൂർവക്ഷ്യന്തേം ഹേത്വാസം ദോഷത്തെ കാണിക്കുന്നു അതിനെ പരിഹരിച്ച് അനുമാനത്തെ ഉറപ്പിക്കണം ഇതാണ് അതാണ് പ്രമാണ ചിന്തയില് വരുന്നത് പ്രമാണമെന്ന് പറഞ്ഞിവിടെ പ്രധാനമായിട്ടും അനുമാന പ്രമാണമാണ് അനുമാനം കൊണ്ട് നടക്കാതെ വരുമ്പോൾ എന്തെടുക്കും ശ്രുതി ശ്രുതി അനുമാനത്തിലൂടെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ പോയാൽ പറയും ശരി ശ്രുതി അനുമാന പ്രമാണത്തിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമാനത്തെക്കുറിച്ചും താർക്കികന്മാരുടെയും പിന്നെ മീമാംസകരുടെയും പദാർത്ഥങ്ങളെക്കുറിച്ച് ശരിയായ ഒരു ധാരണയുള്ള ഒരാളിനെ അനുമാനപ്രയോഗം മനസ്സിലാകത്തുള്ളൂ പ്രത്യേകിച്ചും അനുമാനത്തെക്കുറിച്ചും നല്ലൊരു അറിവ് വേണം പ്രമാണ ചർച്ചയിൽ പ്രധാനമായും സംഭവിക്കുന്ന എന്താണ് ാണ് അദ്വൈരിയെ പൂർവക്ഷി ഖണ്ഡിക്കുന്നു പൂർവക്ഷി അദ്വൈത ഖണ്ഡിക്കുന്നു അവൻ അദ്വൈരി അവസാനിപ്പിക്കുന്നു ഖണ്ഡന മണ്ഡലങ്ങൾ അതാണ് പ്രമാണ ചർച്ചയുടെ ഒരു പ്രത്യേകത ചിലടത്തത് ആവശ്യമാണ് ചില കാര്യങ്ങളിൽ ക്ഷണവും പ്രമാണവും പ്രത്യേകം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് സിദ്ധാന്തം എന്നുള്ള നമുക്ക് ലക്ഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ സുപ്രകാശം എന്ന് പറയുന്ന ഒരു വിഷയം എന്താണ് സുപ്രകാശം എന്ന് പറയുന്നത് നമുക്ക് എവിടെ മനസ്സിലാക്കാം ലക്ഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രമാണമെന്ന് പറയുന്നത് ഉപയോഗമില്ലാത്തയല്ല അത് എതിർവാദങ്ങളെ ഖണ്ഡിക്കുന്നു പക്ഷേ സുപ്രകാശം എന്ന് പറയുന്നത് നമ്മളെവിടുന്ന് മനസ്സിലാക്കി ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി അപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് അവരുടെ പ്രമാണ ചർച്ച നടത്തിയേ മതിയാവും കാരണം ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ട് പ്രമാണം കൊണ്ട് അനുമാനം കൊണ്ട് ചോദ്യം ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ അവരെ അവർക്ക് സമാപനം പറയണം അതിനെ ഖണ്ഡിക്കണം അനുമാനം പറയും ഇപ്പം സിദ്ധാന്ത ഭാഗം ലക്ഷണത്തിൽ നിന്ന് വ്യക്തമായെങ്കിൽ പ്രമാണഭാഗം എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഈ ഖണ്ഡന മണ്ഡന ശൈലി മനസ്സിലാക്കാമെന്നുള്ളതല്ലാതെ അതിന് കാര്യമായ പ്രയോജനം കിട്ടത്തിക്കെ തർക്കം എന്താണെന്ന് ചിന്തിക്കുന്നതിൽ ചില തർക്ക രസികന്മാർക്ക് അത് രസം ചെയ്യും എങ്ങനെയാണ് ഇവർ ഖണ്ഡിക്കുന്നത് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് തർക്കത്തിൽ രസമുള്ളവർക്ക് അത് മനസ്സിലാക്കുന്നത് രസകരമായൊരു കാര്യമാണ് മറിച്ച് എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അദ്വൈത സിദ്ധാന്തം എന്നുള്ളതിനുതായി ഉപകരിക്കത്തില്ല ചെറിയ രീതി സഹായിക്കുമെന്നുള്ളതേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ചെറിയ പ്രയോജനവും വലിയ അധ്വാനവും വേണ്ടിവരുന്നു പിന്നെ ചില വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രമാണവും ലക്ഷണവും വേർതിരിച്ച് ചേർത്തെങ്ങ് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അത് രണ്ടു കൊണ്ട് പോയാലേ പറ്റും അതുകൊണ്ട് കഴിയുന്നത്ര അധ്വാനം ഒഴിവാക്കുക അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ രീതി പ്രയോജന ദൃഷ്ടിയിൽ പോവുക ഇപ്പോൾ ലക്ഷണം ചർച്ച ചെയ്ത് സ്വപ്രകാശം എന്തെന്ന് മനസ്സിലാക്കി ചുരുക്കം പറഞ്ഞാൽ പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ച തൽക്കാലമില്ല പല കാരണങ്ങളും ഉണ്ടാകും എൻ്റെ പ്രധാനമായ വിഷയങ്ങൾ തന്നെ എൻ്റെ ആയുഷ്കാലത്ത് ചർച്ച ചെയ്ത് തീരുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇവിടുത്തെ ക്ലാസ്സുകളുടെ രീതി അനുസരിച്ച് നിങ്ങളെ സംബന്ധിച്ച് നടക്കുന്നതിനേക്കാളും ലാഭം നിങ്ങൾ മുടക്കുന്നതെന്ന് ചിന്തിക്കുന്നവരാണ് അപ്പം ഈ ഇത്രയും വലിയൊരു ഗ്രന്ഥം എവിടെ എത്തിച്ചേരും ഒരിടത്ത് എത്തിച്ചേരുള്ളോ അതുകൊണ്ട് പ്രധാന സിദ്ധാന്ത ഭാഗങ്ങൾ മനസ്സിലാക്കി പോവുക അത് ഇവിടെ നടക്കത്തുള്ളൂ അതുകൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം വിട്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആയുസ് ഉണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തിരിച്ചു വരാം രണ്ടും വേണം സാധ്യത നിങ്ങൾക്ക് സമയമുണ്ടാവും മറിച്ച് സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും നിങ്ങളുടെ ഒരു കാലം ഇതിനു തന്നെ വേണ്ടി വരും അപ്പോൾ പ്രധാന സിദ്ധാന്ത ഭാവങ്ങൾ മനസ്സിലാക്കി പോവുക ബാക്കി തൽക്കാലം വിട്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അതല്ലേ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ തർക്കവിതർക്കങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെ സിദ്ധാന്തം മനസ്സിലാക്കാൻ സമയമില്ലാതെ വരും അതുകൊണ്ടും മനസ്സിലാക്കാതെ രും പിന്നീ സപ്രകാശത്തിന്റെ പ്രമാണ ചർച്ചയിലൂടെ പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് വർഷം അതിൽ തന്നെ പോകും അതായത് ഈ മുപ്പത്തി എട്ടാമത്തെ പേജ് വരുന്നതിന് 3 വർഷം അപ്പൊ പിന്നെ ബാക്കി എങ്ങനെ പോവും ഇവിടെ ഇവിടെ ആയതുകൊണ്ട് വേറെ സ്ഥലങ്ങളിൽ ഞാനിത് കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരും ഇവിടത്തെ കാര്യം പറയു ഇവിടത്തെ സാഹചര്യങ്ങളും വെച്ച് ഞാൻ പറയണം അങ്ങനെ സാമ്പിൾ മനസ്സിലാക്കാം സാമ്പിൾ ഇവിടെ തന്നെ വരുന്നുണ്ട് സാമ്പിളിന്റെ കാര്യത്തിൽ പ്രേസ്ബന്റ് അടുത്ത് വരുന്നത് സാമ്പിളാണ് അത് പ്രയാസബുണ്ട് അത് കേ അത് വെച്ച് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ വിരോധമൊന്നുമില്ല ഞാനൊരിക്കൽ രണ്ടുപേരെ വെച്ചത് പൂർത്തിയാക്കിയാണ് അത് പ്രമാണം നിങ്ങൾ വിചാരിക്കരുത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ചാടിപ്പോവണെന്ന് ചിന്തിച്ച അറിയാത്തോണ്ടല്ല രണ്ടുപേരെ വെച്ച് ഞാനത് പൂർത്തിയാക്കിയാണ് എന്റെ പ്രയാസം അവർക്കറിയാം ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ഒരു ചോദ്യം ചോദിച്ചാൽ മതി പിന്നെ വെറുതെ അവരെ മോശക്കാരാക്കുന്നതുകൊണ്ട് ഞാൻ അവരി കിടക്കുന്നില്ല വേണ്ട അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം ലക്ഷണവും പ്രമാണവും നിരൂപണം ചെയ്തതിന് ശേഷം ഇവിടെ പറയുന്നു ഏതേലാ ആത്മനോപി ഞാൻ കഴിഞ്ഞിരുന്നാലും പറഞ്ഞിരുന്നില്ല എന്റെ ഫോട്ടോ കോപ്പി എടുത്തു ആലോചന നടക്കുന്നുണ്ടല്ലേ ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞതാ എന്റെ ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കണം അമ്പത് പേജെങ്കിലും അമ്പത് പേജെന്ന് തന്നെ എത്രയോ വർഷത്തേക്കുണ്ട് പറഞ്ഞത് പിന്നെ വേണമെങ്കിൽ പുസ്തകം വാങ്ങാം ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രം പത്തിരുപത്തി അഞ്ച് പേരുണ്ട് അതിന്റെ പുസ്തകം നോക്കാത്തവർക്ക് വേണ്ട പുസ്തകം നോക്കുന്നവർക്ക് പുസ്തകം നോക്കാതിരിക്കുന്നവരുമുണ്ട് പ്രസവത്തിലേക്ക് നോക്കുന്നവർക്ക് പ്രസവം വാങ്ങിയാവാൻ ഏതേലും ആത്മനോഭി സ്വപ്രകാശത്വം വ്യാഖ്യാതം അത് സിദ്ധാന്തമനുസരിച്ച് ആത്മാവിന് സ്വപ്രകാശത്വം ആയിക്കഴിഞ്ഞ് ഇനി പറയേണ്ട കാര്യമില്ല പക്ഷേ ജ്ഞാനവും ആത്മാവും വേറെയാളെന്ന് പറയുന്നവരെ സംബന്ധിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കും തഥാഹി അതിനടുത്ത് പറയുന്നു ഇവിടെ ഒരു ഗുണമുണ്ട് അതറിഞ്ഞിരിക്കുകയും വേണം ശുസുഖാചാര്യര് ഒരു സിദ്ധാന്തത്തിലേക്ക് കടക്കുന്ന ഒരു പാട്ട് പാടിയിട്ടേ കിടക്കത്തുള്ള നേരത്തെ പറഞ്ഞു എന്താണ് അക്ഷമാവനൊക്കെ ഏ അക്ഷമാ അതാണോ അതോ പാട്ടാണോ പാടിയത് മൂന്ന് തവണ ഞാൻ ഇവർക്ക് വേണ്ടിട്ടത് വിശദീകരിച്ചു എന്നിട്ട് ഇവർ ഇത് ഒരു തവണയല്ല ഒന്ന് രണ്ട് മൂന്ന് തവണ ഞാനിതെല്ലാം ആവർത്തിച്ചാണ് അക്ഷമാവത അതാണ് ഈ പാട്ടത്ത് ഈ മൂന്ന് കാണാൻ കഴിഞ്ഞവരും പാട്ട് ഏ എന്താണ് അപരോക്ഷ വിഹൃതയർ യോഗ്യസാധിപത സംഭവേ സുപ്രകാശ്യ ലക്ഷണാസംഭവക്കുത ഈ പാട്ടിലാണ് സിദ്ധാന്തം പറഞ്ഞത് സിദ്ധാന്തം പറയുന്നതിന് മുമ്പ് പറയുന്ന പാട്ട് എന്ന് പറയുമ്പോൾ ഏത് പാട്ടാ അപരോഷ യോഗ്യസി അതീപംഭവേ സ്വപ്രകാശ ലക്ഷണാസംഭവം കുത്ത ഇതാണ് ലക്ഷണത്തെക്കുറിച്ച് സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്ന പാട്ട് ഇടയ്ക്ക് എത്ര പാട്ട് പാടിയിരിക്കുന്നു ഇനി ഇല്ലാത്ത പാട്ട് ഞാൻ പാടി ഈ പാട്ടുകളെല്ലാം കൂടെ നിങ്ങൾ പാടേണ്ട ആവശ്യമില്ല ഒരു പാട്ട് മെയിൻ പാട്ട് ആ പാട്ടങ്ങ് പാടിയാമോ അതുപോലെ ഇവിടെ ഒരു പാട്ട് ചദ്രൂപർമ്മയു ആത്മനസ്വപ്രകാശത്വം കോ നിവാരും ക്ഷമ ഇതൊരു ചലഞ്ചാണ് ആത്മാവിന്റെ സ്വപ്രകാശത്തെ ആർക്ക് നിവാരണം ചെയ്യാൻ കഴിയും ആരെങ്കിലും ഉണ്ടോ എന്നാണ് വെച്ചാൽ ആർക്ക് സാധ്യമല്ല എന്തുകൊണ്ട് അതിന് മൂന്ന് ഹേതുക്കൾ പറയണം അച്ഛദ്രൂപത്വ ഒന്ന് അകർമ്മത്വ രണ്ട് സ്വയം ജ്യോതിരി ഈ മൂന്ന് ഹേതുക്കളും ഞങ്ങളുടെ കയ്യിലുള്ളപ്പോ ആത്മാവ് സ്വപ്രകാശമല്ല എന്ന് പറയാൻ ഏവനാ ധൈര്യമുള്ള അല്പം ചട്ടമ്പിത്തരമാണ് അങ്ങനെയാ ചോദിക്കുന്നു ആർക്കെങ്കിലും ധൈര്യമുണ്ടോ സാറിന് കവലയിലൊക്കെ എന്ന് പറയാൻ ഏവനെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കാം എന്ന് പറയാറില്ല അതുപോലെ തർക്കമല്ലേ അങ്ങനെ വളരെ മൈൽഡായെന്നും പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ സ്വപ്രകാശത്വത്തെ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ മുമ്പോട്ട് വരട്ടെ എന്നാണ് അതാണ് ഏതേനാത്മനോവി സ്വപ്രകാശത്വം വ്യാഖ്യാതം തഥാ ചദ്രൂപത്വ അകർമ്മ സ്വയം ജ്യോതിരി ും ക്ഷമ കുറഞ്ഞുപക്ഷേ ഇതിന്റെ സോഫ്റ്റ് കോപ്പി എങ്കിലും കയ്യിൽ വെക്കുന്നവരെ ആണ് എല്ലാവരും മൊബൈൽ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഒക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പൊ ഇത് അതിലെടുക്കാൻ വളരെ എളുപ്പമാണ് ഇതിന്റെ സോഫ്റ്റ് കോപ്പി കിട്ടും അതിങ്ങനെ നോക്കുന്ന വേണ്ടത് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകും നിങ്ങളുടെ സൗകര്യം ഒന്നും നോക്കൂല്ല ഏകദേശമൊക്കെ ഒരു സൗകര്യം വെച്ചാൽ ഞാൻ ക്ലാസ്സുകളങ്ങ് നടക്കും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇരിക്കുക പഠിക്കുക ഇല്ലെങ്കിൽ വേണ്ട എൻ്റെ ജോലി അങ്ങ് നടക്കും ഇനിയിപ്പോൾ അതാ നോക്കുന്നു അതേ നടക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കണം രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം സാമ്പിൾ വെടിക്കെട്ട് വേണമെന്ന് പറഞ്ഞല്ലോ ഇതാ വരുന്നു പിടിച്ചോ ആത്മാവിദ്രൂപ സംവിത്കർമ്മദാന്തരേണ അപ്രോക്ഷത്വ സംവേദനവതിരി പ്രാഭാതരം പ്രത്യുമാന ഘടജ്ഞാനയോ സംബന്ധ ആത്മനിഷ്ഠാനിഷ്ഠ പദവിഷയത്വതി നൈയാധീന ആത്മനഃ ചൂപത്വസിദ്ധി ആത്മാവ് ചദ്രുവണെന്ന് സിദ്ധമായി രണ്ടേ രണ്ടനുമാനം ഒരുപാടൊന്നും സാമ്പിളില്ല ഒന്നാർക്ക് നീ പിടിച്ചോ വലത് നില്ക്കുന്നയാൾക്ക് ഒന്നു കൊടുത്ത് ഇടത് നില്ക്കുന്നാര് അയാൾക്ക് ഒന്ന് കൊടുത്ത് പിടിച്ചോ പ്രശ്നം എന്തായിരുന്നു രണ്ടുപേരും തലകുലിക്ക് സംബന്ധിച്ച ആത്മാവ് ചിദ്രൂപമാണ് സാമ്പ അനുമാനം എന്താണ് ആദ്യത്ത് ആത്മാ സംവി സംകർമ്മദാം അന്തരേണ അപരോക്ഷത്വ സംവേദനവത് പുസ്തകമുള്ളവര് നോക്കി പറയണം എന്താണ് പക്ഷം ആത്മാന്താണ് പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെവിക്ക് പിടിക്കും ആണായാലും ശരി പെണ്ണായാലും ശരി അല്ലാരും ശരിയാവത്തി തർക്ക സംഗ്രഹമൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും ഇത് തന്നെ പറയണെങ്കിൽ സംയത് സാധ്യം എന്താണ് ഹേതു സംയുക് ക എന്താണ് എന്താണ് ഇപ്പോ ഹേതു സംയത് കർമ്മദാം അന്തരേണ അവം പിന്നെ സാധ്യം പറയുമ്പോ ത്വം ചേർത്ത് പറയണം ഏത് പറയുമ്പോഴും എങ്ങനെയാണോ അതനുസരിച്ച് അതിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് പറയണം സംയുക് കർമ്മദാ മന്ദിരേൺ അപരോക്ഷത്വം ദുഷ്ടാന്തം എന്താണ് സംവേദനം സംവേദന വത്തെന്ന് പറഞ്ഞു അതിന് നമ്മൾ ദൃഷ്ടാന്തമായിട്ട് എങ്ങനെയാണ് എടുക്കുന്നു സംവേദനം എന്ന് വെച്ചാൽ ജ്ഞാനം അപ്പോൾ ഇവിടെ ഇത് പ്രഭാകരം പ്രത്യനുമാനാണ് പ്രഭാകരന്റെ അനുയായികളും ആത്മാവിനെ സ്വീകരിക്കുന്നുണ്ട് ഇത് ഈ വിഷയം നേരത്തെ ഒരിക്കൽ വന്നതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലാണെങ്കിൽ എട്ടാമത്തെ പേജ് നോക്ക് അവിടെ ഞാൻ അവിഷയത്വ സ്ഥിതി അപരോക്ഷത്വം എന്ന് പറയുന്നത് ഏഴാമത്തെ ലക്ഷണമല്ലേ അതിന്റെ താഴെ പറഞ്ഞെന്താണ് അവിഷയത്വ അസംഭവേന നിര വിഷയത്വ ശബ്ദേന കർമ്മത്വ വിപക്ഷായാം വിഷയത്വ ശബ്ദേന കർമ്മത്വവിപക്ഷായം അതിന്റെ വ്യാഖ്യാനത്തിൽ നയനപ്രസാദിനിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് സംയുദ്ധാശ്ര വീണ്ടും ഓർക്കണം ആത്മനോന വായിക്കാൻ കൂടി അറിയത്തില്ല മൂന്ന് നാലു വണ്ണം പഠിച്ചിട്ടാണ് വായിക്കുന്ന പോലും തെറ്റിച്ച് അപരോക്ഷത അത് അത് ഒരിക്കൂട്ടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്താണ് സംമിത്യ സംശ്രയത്വേന സംയതാശ്രയതയ ശ്രീലിംഗത്തി പറഞ്ഞു ശുദ്ധസ്യാത്മന അപ്പൊ അവിടെ ഒരു കാര്യം പറയുന്നത് എന്താണ് ആത്മാവ് സംവിധാശ്രയമായി ശുദ്ധമാണ് പിന്നെ എന്തുപറയുന്നു ഞാനാകർമ്മത്വം അയസ്മയം ആത്മാവ് പറയുന്ന ജ്ഞാനത്തിന്റെ അകർമ്മവുമാണ് പിന്നെ ഒന്നുകൂടെ അടുത്ത് പറയുന്നു എന്താണ് അപരോക്ഷത്വം വന്നേതിന് ആത്മാവിന് ആത്മാവെന്ന് അപ്പോ ആത്മാവ് ശുദ്ധമാകുന്നത് അപരോക്ഷമായിട്ട് അത് മനസ്സിലാക്കിയ ഇവിടെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ആത്മാവ് ശുദ്ധമാകുന്നത് അപരോക്ഷം എന്നു വെച്ചാൽ ആത്മാവ് അപരോക്ഷം എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാർക്ക് സാധാരണ അഭിപ്രായ എന്നാൽ ആത്മാവ് ജ്ഞാനമാണെന്ന് പറയുന്നില്ല ആത്മാവ് അപരോക്ഷമാണ് ഞാൻ പിന്നെ പ്രത്യേകത എന്താണ് ജ്ഞാനത്തിന് കർമ്മവുമല്ല ജ്ഞാനത്തിന് കർമ്മമല്ല ആത്മാവ് ജ്ഞാനത്തിന് ആശ്രയമാണ് ആത്മാവ് അപരോക്ഷമാണ് പ്രവാകരനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ജ്ഞാനത്തെ അവരെങ്ങനെ സ്വീകരിക്കുന്നു സ്വപ്രകാശമായിട്ട് ജ്ഞാനത്തെ സുപ്രകാശമായി സ്വീകരിക്കുന്നു ആത്മാവിനെ അപരോക്ഷമായിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കുന്നു സുപ്രകാശമായിട്ടും അപരോക്ഷമായി സ്വീകരിക്കുന്നു എന്നാൽ ആത്മാവ് അപരോക്ഷമാണ് പക്ഷെ ജ്ഞാനത്തിന്റെ കർമ്മം അല്ല മറിച്ച് എന്താണ് ജ്ഞാനത്തിന്റെ ആശ്രയം ഇത്രയും മനസ്സിലാക്കിയോ ഈ പറയുന്നു ഇവിടെ പറയുന്നു മനസ്സിലാവും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സംതാം അന്തരേണ അപരോക്ഷത്വ സം പറഞ്ഞ ജ്ഞാനത്തിന്റെ കർമ്മത ഇല്ലാതെ അപരോക്ഷമാണെന്ത് ആത്മാവ് ഇപ്പൊ മനസ്സിലായോ അവിടെ മനസ്സിലാക്കിയത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഇവിടെ പക്ഷം എന്താണ് ആത്മാ സംയുദ് കർമ്മതാം അന്തരേണ അപരോക്ഷത്വമാണെന്ത് അത് പക്ഷത്തിനുണ്ടോ എന്ന് ഒരനുമാനപ്രയോഗം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട ഹേതുപക്ഷത്തിലുണ്ടോന്നാണ് ആത്മാവിൽ സംയുത്കർമ്മത കൂടാതെ അവരോക്ഷത്വം ഉണ്ടോ എന്നാണ് ഉണ്ടാ സംയുത്കർമ്മത ഇല്ല എന്ന അവരോക്ഷത്വം ഉണ്ട് അത് പ്രഭാകരന്റെ ഒരു അഭ്യാസമാണ് സംയുത് ജ്ഞാന എന്ന അവരോക്ഷത്വം ഉണ്ട് അത് ജ്ഞാനമാണോ അല്ല അതും അല്ല അപ്പൊ ഹേതു വന്നേ സംയുത്കർമ്മത മന്ത്രിയാണ് അവരോക്ഷത്വം പക്ഷത്തിൽ ആദ്യം ഭേദമുണ്ടോ എന്ന് നോക്കുക അടുത്ത് നോക്കേണ്ടത് എന്താണ് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് സാധ്യവും ദൃഷ്ടാന്തത്തിനുണ്ടോയെന്ന് നോക്കുക രണ്ടാമത് ഏതും സാധ്യവും ദൃഷ്ടാന്തത്തിനുണ്ടോ എന്ന് നോക്കുക ഇവിടെ ദൃഷ്ടാന്തം എന്താണ് സംവേദനം എന്ന് പറഞ്ഞാൽ സംയുത്തെന്ന് പറഞ്ഞാൽ ഒന്ന സംങ്ങനെ ശ്രദ്ധിക്കും സമ്പൂർവ്വത്തിൽ വിധജ്ഞാനെന്ന് പറയുന്ന സമ്പദ് വന്നുകഴിഞ്ഞാൽ എന്തായി സംഭവ അപ്പൊ സംയുത്വം എന്ന് പറയും സംവേദനം എന്ന് പറയുന്നതാണെങ്കിലോ സം പർവ്വത്തിലുള്ള വിത്ത് ധാതുവിൽ നിന്ന് ലൊട്ടുവന്ന സംവേദനം ലോക സിദ്ധാന്ത പഠിച്ചിരിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ സംയുക്തി എന്ന് പറഞ്ഞാലോ തിന്ന് സ്ത്രീയോ തിന്ന് അർത്ഥം എന്താ തന്നെ സംവേദനം സംവിജ്ഞാനോ എന്നുള്ള അർത്ഥത്തിലോ അല്ലാതെ എന്നുള്ള അർത്ഥത്തിലും അദ്വൈതി പറയുമ്പോൾ സംവേദനം സമയം സംവേദനം വേറെ ഏത് ജ്ഞാനത്തിനും സംവേദനം എന്ന് പറയാം ദുഷ്ടാന്തം സംവേദനം ദിഷ്ടാന്തത്തിൽ ഹേതു കൊണ്ടോന്ന് നോക്കുക സമയത മന്ത്രേണ അപരോക്ഷത്വം അവർക്ക് സമ്മതമാവണം ജ്ഞാനം സ്വയംപ്രകാശം സ്വയംപ്രകാശമാണ് അപ്പൊ അതിൽ സംവിത് കർമ്മത്വം വരും ഇല്ലോക്ഷ ഇവിടെ അപരോക്ഷത്വം എന്ന് പറഞ്ഞ അർത്ഥം അപരോക്ഷ വ്യവഹാരവിഷയത്വം അപരോക്ഷ വിഷയത്വം എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ അപരോക്ഷ ജ്ഞാന വിഷയത്വം അപരോക്ഷജ്ഞാന വിഷയത്വന്നും അപരോക്ഷ വ്യവഹാര വിഷയത്വമൊന്നും പറയുന്നതിന് വ്യത്യാസം അപരോക്ഷ വ്യവഹാര വിഷയത്വം എന്ന് പറയുന്നത് എന്താണ് അപരോക്ഷ വ്യവഹാരമെന്ന് പറയുന്ന ശബ്ദപ്രയോഗം അതിന്റെ വിഷയത്വം അപരോക്ഷ ജ്ഞാന വിഷയത്വം എന്ന് ജ്ഞാനത്തിന്റെ തന്നെ വിഷയത്വം വരണം അപരോക്ഷജ്ഞാന വിഷയത്വം ജ്ഞാനത്തിൽ പ്രാഭകരന്മാർ സ്വീകരിക്കുന്നില്ല ഇവിടെ അപരോഷ്ഞാന വിഷയത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദോഷം സാധനവൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണോ സാധനവൈകല്യം എന്ന് പറഞ്ഞാൽ നിഗ്രഹസ്ഥാണ് ദൃഷ്ടാന്തേ ഹിത്വഭാവ ദൃഷ്ടാന്തത്തിൽ ഹേതു ഇല്ലാതിരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സാധനവൈകല്യം കാരണം ദൃഷ്ടാന്തത്തിൽ ഏത് വന്നു കഴിഞ്ഞാലേ വ്യാപ്തി നിശ്ചയിക്കാൻ പറ്റും ഒരു സ്ഥലം കാണിക്കണ്ടേ അങ്ങനെ സാധനം ഇരിക്കുന്നു സാധ്യമിരിക്കുന്നു സംവേദനം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തിൽ എന്താണോ അപരോക്ഷജ്ഞാന വിഷയത്വം സംയുത് കർമ്മദാമന്ത്രേണ അപരോക്ഷജ്ഞാന വിഷയത്വം പക്ഷേ സംയുത് കർമ്മദാ മന്തിരേണ വ്യവഹാര വിഷയത്തും അവർ സ്വീകരിക്കുന്നുണ്ട് അപരോക്ഷം ഞാൻ വ്യവഹാര വിഷയത്വം അപരോക്ഷ വ്യവഹാര വിഷയത്തെന്ന് വെച്ച് അപരോക്ഷ വ്യവഹാര വിഷയത്വം അപരോക്ഷം എന്നുള്ള ശബ്ദപ്രയോഗം അതിൻ്റെ വിഷയത്തും അവിടെ സ്വീകരിക്കും ശബ്ദപ്രയോഗം ആർക്ക് സ്വീകരിക്കാമല്ലോ ഞാനും അപരോക്ഷമാണ് എന്നുള്ളൊരു വ്യവഹാരത്തിൻ്റെ വിഷയത്തും ഞാനും അപരോക്ഷം ബോധി എന്നൊരു വ്യവഹാരം ശബ്ദപ്രയോഗത്തിൻ്റെ വിഷയം എവിടെയും സ്വീകരിക്കാം അതൊരു ഗുണമുണ്ട് താർക്കികന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സർവവും അവിധേയമാണ് അപ്പോൾ എവിടെയും ശബ്ദവ്യവഹാര വിഷയത്വം വരും എവിടെ വേണമെങ്കിലും ശബ്ദവ്യവഹാര വിഷയത്വം ആർക്ക് സ്വീകരിക്കുക അങ്ങനെ പറയാമെങ്കിൽ വ്യവഹാര വിഷയത്വം വരും പക്ഷെ ഞാനും എന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ അപരോക്ഷജ്ഞാന വിഷയത്വം തന്നെ അവർ ഗുണം അത് അവരംഗീകരിക്കുന്നില്ല അത് സ്വയംപ്രകാശമാണ് അതുകൊണ്ടാണ് അംഗീകരിക്കാത്തത് സ്വയംപ്രകാശമായ എന്നുള്ള അപരോഷ്ഞാന വിഷയത്വം സ്വീകരിക്കാൻ അവർ സമ്മതി പിന്നെ സ്വയം പ്രകാശമാകുന്നു പക്ഷെ അപരോക്ഷ വ്യവഹാര വിഷയത്വം അപരോക്ഷ ജ്ഞാനമല്ല അപരോക്ഷ വ്യവഹാര വിഷയത്വം സ്വീകരിക്കുന്നു അവിടെ എന്താണ് സംവിത് കർമ്മദാം അന്തരേണ വ്യവഹാര വിഷയത്വമാണ് ഹേതു അതുകൊണ്ടെന്താണോ ദൃഷ്ടാന്താവുന്ന സാധന വൈകല്യം എന്ന് പറയുന്ന ദോഷം ഇനി വരുമ്പോ പുസ്തകമായിട്ട് വരിക കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഓർണമതം പൂർണ്ണമതം ഓം ശാന്തി ൘ ൘ ൘൘ ൘൘ ൘൘ ൘൘